ഒരു കുടുംബത്തിൽ സമഗ്രമായ യോജിപ്പിന് പോകുന്നവൻ അധ്വാനിക്കുമ്പോൾ അതിന് ഉപദ്രവകരമായ മറ്റൊരു വ്യക്തി ആ കുടുംബം എന്ന ശരീരമെടുത്താൽ അതിലൊരു ആ അർബുദത്തെ സ്നേഹിക്കുകയും അതിനെ തള്ളിക്കളയാതിരിക്കുകയും ചെയ്ത് അതിൻ്റെ അധ്വാനവും കൂടി ഏറ്റുവാങ്ങുമ്പോൾ ആ ഓർമ്മകൾ കോശത്തിൽ പാവതലങ്ങൾ അപ്പോൾ പണിയെടുക്കുന്നയാളിന് ഇവനെ കൊണ്ടൊരു നാൾ അംഗീകരിപ്പിച്ചും ഇവനെ കൊണ്ട് പണിയെടുപ്പിച്ചും ഇവൻ നാളെ ജീവിക്കാൻ കൊള്ളുന്നവനായും തീരണമെങ്കിൽ താനൊന്ന് വീണാലേ പറ്റൂ എന്ന് തീരുമാനിക്കുന്ന ആയിരം കോശബോധങ്ങൾ ആ പണിയെടുക്കുന്നവരിൽ ഉണ്ടാവുക സ്വാഭാവികമാണ് പറഞ്ഞത് ശരിയാണോന്ന് നോക്കിയാ മതി നിങ്ങളുടെ സാമൂഹ്യ പശ്ചാത്തലം ഞാൻ കാണുമ്പോൾ ഇതാണ് അത് തെറ്റാണെന്ന് പറയാൻ നിങ്ങൾക്ക് അവകാശമുണ്ട് എൻ്റെ കാഴ്ച അത് നിങ്ങൾ പറയുന്നില്ല അതാണ് ആർജവം തെറ്റാണ് ഈ കാഴ്ചപ്പാട് ഏത് വിദ്യാസങ്കേതത്തിൽ നിന്നും നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യമുണ്ട് കാരണം നിങ്ങളോളം കുടുംബത്തിലോ സമൂഹത്തിലോ ഇടപെടുന്നവനും ഞാൻ അതുകൊണ്ട് എൻ്റെ അറിവിന് പരിമിതി ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞാൽ കേൾക്കാൻ ഞാൻ ഒരു ത്വമാണ് ഇടപെടുന്ന നിങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് നിങ്ങളുടെ വ്യക്തിത്വമാണ് നിങ്ങൾ ഇതുവരെ ചിന്തിക്കാതിരിക്കുകയും ഇപ്പോൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഇത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ തിരുത്തൽ അനിവാര്യമാണ് ഒരിക്ക സ്നേഹം മതിയാകും ഈ കോശത്തെ സാധാരണ കോശാവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഒരൽപ്പം പ്രോത്സാഹനം മതിയാകും ഈ കോശം നേരെയേകാൻ അതിനു പകരം നിങ്ങൾ ചുറ്റും നിന്ന് ഇത് മൃത്യുവിലേക്ക് തുറന്ന വാതിലാണെന്ന് നിങ്ങളുടെ ശരീരഭാഷ കൊണ്ടും ആംഗ്യം കൊണ്ടും അഭിനയം കൊണ്ടും സങ്കല്പങ്ങൾ കൊണ്ടും കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആരെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ചികിത്സിക്കുന്നത് ചോദ്യം തെറ്റാണെങ്കിൽ മാപ്പ് തരിക ശരിയാണെങ്കിൽ വലിയൊരു തിരുത്ത ഇതിന് തെറ്റാണെന്നല്ലേ പറയേണ്ടത് കേട്ടുവോ ഞാൻ പറഞ്ഞത് മുഴുവൻ ഞാൻ പറഞ്ഞത് മുഴുവൻ കേട്ടുവോ മനസ്സിലായോ ഞാൻ പറഞ്ഞ തെറ്റാണെന്നല്ലേ നിങ്ങൾക്ക് തോന്നുന്നത് ഏ ഞാൻ തോന്നുവോ എല്ലാവർക്കും ശരി ഉണ്ടെന്നുപോലും തോന്നരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ ആഗ്രഹം അത് തന്നെയാണ് ശരിയുണ്ടായാൽ ഇനിയും ഈ രോഗം കൂടും വളരെ തിരുത്തിയില്ലെങ്കിൽ ഞാൻ അപഗ്രഹിച്ചാൽ ഇനി കുടുംബം എന്ന ശരീരം അങ്ങനൊരു ശരീരത്തെ അതിലെ അംഗങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് മനസ്സിലായില്ല നിങ്ങൾ എവിടെ പോകുമ്പോഴും ആരോട് ഇടപെടുമ്പോഴും എന്ത് ചെയ്യുമ്പോഴും എന്ത് വാങ്ങുമ്പോഴും കൊടുക്കുമ്പോഴും അച്ഛനും അമ്മയും മക്കളും സഹോദരങ്ങളും എല്ലാം ചേർന്ന കുടുംബം എന്നതിൻ്റെ ഭാഗമാണ് താൻ എൻ്റെ കൈയൊന്ന് ചെയ്ത് വിഷമിച്ചാൽ അതെൻ്റെ മനസ്സ് വേദനിക്കുന്നത് പോലെ അവിടെ ഇരിക്കുന്ന ഒരാൾ ചെയ്തിട്ട് ചെന്നാൽ വേദനിക്കാൻ ഉണ്ടാകുമെന്ന് ഓർത്ത് നിങ്ങളുടെ കർമ്മങ്ങളെ നിങ്ങളുടെ സ്വാർഥതയിൽ നിന്ന് വിട്ട് ഒരു കുടുംബമെന്ന കെട്ടുപാടിനകത്താക്കി ചെയ്യുവാൻ നിങ്ങളുടെ വിദ്യാഭ്യാസം പര്യാപ്തവും അങ്ങനെ ചെയ്യുന്നവരുമാണോ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ഒക്കെ കൂടെ കൂടി ശബ്ദമാണോ അരിപ്പം നിലവിൽ നിങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവിടെ ഒരാൾ ഇരിപ്പുണ്ട് അവിടെ ഒരു കേന്ദ്രം ഉണ്ട് കുടുംബം കോട്ടം വരാതെ വേണം ഞാൻ സംസാരിക്കാൻ ഞാൻ ഇടപെടാൻ ഞാൻ പെരുമാറാൻ എന്ന് വ്യക്തതയുള്ള മൗലികമായ ഒരവബോധം വിദ്യാഭ്യാസമുള്ള ഇന്നത്തെ തലമുറയ്ക്ക് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം ഉണ്ട് അല്ലെങ്കിൽ ഇല്ല അപ്പോൾ ആ വ്യക്തി കുടുംബം എന്ന ഒരു അർബുദം തന്നെ തന്നെ വളരെ മൗലികമായ ചോദ്യം അതിനെ യോജിപ്പിച്ചു കൊണ്ടുപോകുമ്പോൾ എത്ര സംഘർഷമായിരിക്കും സമഗ്രത ആഗ്രഹിക്കുന്ന സ്നേഹമുള്ള നന്മയുള്ള വ്യക്തികൾ അനുഭവിക്കേണ്ടി വരിക ആ സംഘർഷമെല്ലാം അവരുടെ കോശങ്ങളെ എങ്ങനെയെല്ലാം പരിണമിപ്പിക്കും ഇതും പരിഗണനാർത്ഥമാണ് അതുകൊണ്ട് മുൻകൂട്ടി അറിയുകയല്ലേ അവർ രോഗമെനിക്ക് ഇത് പോരാ പോരായെന്ന് എനിക്ക് എൻ്റെ സ്വഭാവം വെച്ച് നിലവിലുള്ള കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയാനാവില്ല എന്റെ സ്വഭാവം വെച്ച് എതിർക്കാനാവില്ല എന്റേതല്ലാത്ത ഒരു കുറ്റം കൊണ്ട് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പിരിയുന്നതാണ് എനിക്ക് പറ്റുന്ന ഒരേ ഒരു വഴിയെന്ന് ശരീരം തീരുമാനിക്കുമ്പോൾ മറ്റൊരാത്മഹത്യയുടെ ആരൂപമല്ലേ ഈ രോഗം ദിശാബോധം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചിന്തിക്കാം പൂർണമായും ഞാൻ പറഞ്ഞത് അതിശോക്തിയാണെന്ന് നിങ്ങക്ക് പറയാം സ്വാതന്ത്ര്യണ്ട് അത് പറയാൻ നിങ്ങക്ക് തന്റെ കിട്ടുന്നില്ലെങ്കിൽ അത് എന്റെ കുറ്റമല്ല സമഗ്രത ഇച്ഛിക്കുന്നവനിൽ വരുന്നതായിട്ടാണ് ഞാൻ പറഞ്ഞത് അതിന്റെ കാരണം സമഗ്രത ഇച്ഛിക്കാത്തവരായിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ദിശയിലുള്ള പഠനം ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ അനേക ദിശകളുണ്ട് ഈ പഠനത്തിൽ ഇത് മാത്രമാണ് കാരണം എന്ന് ഞാൻ പറഞ്ഞില്ല അനേക ദിശകളുള്ള ഈ പഠനത്തിലെ ഒരു ദിശ അത് ശരിയല്ല എന്ന് നിങ്ങൾ തള്ളിക്കൂന്നുമില്ല പെട്ടെന്ന് അത്രമാത്രം അതുകൊണ്ട് നിങ്ങൾ ആലോചിച്ചു അല്ലെങ്കിൽ ഈ സാധാരണ കോശം എങ്ങനെയാണ് ഇങ്ങനെ വേഗം പരിണമിക്കുന്നത് പല ദിവസം എനിക്ക് മേലാന്ന് പറഞ്ഞ് പല ദിവസം എന്നെ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പല കാര്യങ്ങളിൽ പരാതി പറഞ്ഞ് ഒരു ദിവസം ഉണർന്നു വന്ന് ഇനി എന്നെ കൊണ്ട് പറ്റില്ല ഇവിടെ എവിടെയോ ഒരു മൊഴയുണ്ട് എന്ന് പറയുമ്പോ സാരില്ല അതൊന്നും തോന്നലായിരിക്കും പറഞ്ഞ് രണ്ടാഴ്ച പോകും അപ്പോഴൊരു പനി കൊള്ളും കൊണ്ടുപോകും പനിക്കൊരു മരുന്ന് കൊടുക്കും സാരില്ലാന്ന് ഡോക്സ് കുറയും അത് കഴിയുമ്പോൾ മൊഴയുണ്ടെന്ന് പറയും ഡോക്സ് കപ്പി നോക്കുമ്പോ കാണൂല ഡോക്സ് പറയുന്നു പറയും അവിടെയും പരിചില്ലല്ലോ ഇനി ഇത് ഉണ്ടായില്ലെങ്കിൽ പറ്റുകയില്ലല്ലോ ഇതെല്ലാം ചെയ്യുന്ന രോഗി ഈ രോഗത്തിലും രോഗവികാസത്തിലും ആന്തരികമായൊരു സന്തുഷ്ടി പുലർത്തുന്നു എന്നുള്ളതാണ് ഈ മാരക രോഗങ്ങളുടെയും എല്ലാം പ്രത്യേകത മറ്റുള്ളവരുടെ വിഷമത്തിലുള്ള വിഷമവും കൂടി കാണിച്ചിരിക്കുമ്പോഴും താൻ തൻ്റെ ജീവിതത്തിൽ വിജയിച്ച ഒരു തലം രോഗിയുടെ ഏകാന്തതയിലുണ്ട് എന്നുള്ളതാണ് ഇതിനെ ആശ്ലേഷിക്കുന്നതിൻ്റെ അടിസ്ഥാന തലം ഇവിടെ എപ്പോഴെങ്കിലും ഈ രോഗം വന്നവരിതിനകത്തുണ്ടെങ്കിൽ ഇപ്പോഴുള്ളവരുണ്ടെങ്കിൽ എന്നെ ചീത്ത വിളിക്കാം ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ സത്യം ഇതിലുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാം നാളെ ഇതേ വഴി തിരഞ്ഞെടുക്കാൻ ആഗ്രഹം പുലർത്തി തുടങ്ങിയവർക്കും തീരെ കോംപ്രമൈസ് വേണ്ടെന്നായിരിക്കും തോന്നി കൊടുത്തിരുന്നത് ഇത്രയും കടുപ്പിക്കണം എന്ന് ആലോചിച്ചിട്ടാണ് അരിയുടെ രോഗികൾ വന്നിട്ടില്ല എന്ന് അതിന്റെ പണിപ്പരയിലുള്ളവരും എത്തിയിട്ടില്ല എന്ന് സങ്കല്പിക്കാം ആരോ എന്തോ പറഞ്ഞോ ആവോ അടുക്കിയിരിക്കുന്ന ഒരു കേട്ടെങ്കിൽ പറഞ്ഞാലും മതി അതുകൊണ്ട് അർഹുദ കോശങ്ങളെ പഠിക്കുമ്പോ ഇതെല്ലാം വളരെ പ്രധാനമാണ് ഇത് പറയാൻ ഞാൻ ഉദ്ധരിച്ചതും ഗിയോർജിയ ഈ രംഗത്ത് പഠനം നടത്തി നോബൽ സമ്മാനം നേടിയിട്ടുള്ള ആളാണ് അദ്ദേഹം അദ്ദേഹം വിനയാന്വിതനായി പറഞ്ഞത് അർബുദ കോശങ്ങൾ സാധാരണ കോശങ്ങൾ ഇവയെ കുറിച്ചാണ് അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം തീരുമാനിക്കാം ഏത് അർബുദവും നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ് അത് ആയത് നിശബ്ദവും ുമായി വർഷങ്ങളോളം നമ്മളിൽ ഉണ്ടാവും തിരിച്ചറിഞ്ഞു എന്ന് വരുന്നത് മുതലാണ് സംഘർഷങ്ങൾ തുടങ്ങുന്നത് ഇതിൻ്റെ മാർക്കർ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും ഏതൊരാളിന്റെ രക്തസാമ്പിൾ എടുത്ത് സി എ പലപ്പോഴും അതിന്റെ റേഞ്ച് കാൻസറോജനിക് എംബ്രിയോണിക് ആന്റിജൻ കാർസിനോമയുണ്ട് എന്ന് അതിൻ്റെ ലക്ഷണങ്ങൾ ബ്ലഡിൽ കാണിക്കുന്ന ആന്റിജൻ ടെസ്റ്റിൽ പലപ്പോഴും വളരെ വലിയ അറിവ് കിട്ട അളവ് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് പ്രകടമായ രോഗലക്ഷണങ്ങൾ അന്വേഷണങ്ങൾ പരാജയപ്പെട്ടുമുള്ള ഒട്ടേറെ കേസുകളുണ്ട് ബ്ലഡ് ടെസ്റ്റിനെ അവലംബിച്ചു പോയാൽ കോശങ്ങൾ യൂട്രസിലും ആണെങ്കിൽ അതിനു പറ്റിയ ടെസ്റ്റുകൾ ഉണ്ട് ക്യാൻസർ കോശങ്ങൾ വളർന്നിരിക്കുന്നത് പ്രോസ്റ്റേറ്റിലാണെങ്കിൽ അതിനു പറ്റിയ ടെസ്റ്റുകൾ ഉണ്ട് സി മുതലായവ മുമ്പ് പറഞ്ഞ യൂട്രസിലും അവിടെയും ഇവിടെയും ഒക്കെയും ബ്രസ്റ്റിലുമൊക്കെയും ഇപ്പുറത്ത് പി എസ് ഐ മുതലായവ ജനനേന്ദ്രിയത്തിലുമെല്ലാം ഒക്കെ കണ്ടെത്തുന്ന പദ്ധതികളുണ്ട് പലപ്പോഴും പി എസ് ഐയുടെ ലെവലും മറ്റും നാൽപ്പതും അമ്പതും ഒക്കെ കഴിഞ്ഞു പോയിട്ടും നൂറും നൂറ്റമ്പതും വരെയൊക്കെ എത്തിയിട്ടും ക്ലിനിക്കലായ രോഗലക്ഷണങ്ങളോ പ്രോസ്ട്രേറ്റിനൊരു വീക്കം പോലുമോ ഇല്ലാത്തവർ പോലുമുണ്ട് വിചിത്രമായൊരു സത്യമാണ് അതിലുപരി ക്യാൻസറിന്റെ ആരംഭം എപ്പിത്തോയിലിയോ അത് പലപ്പോഴും മൂത്രത്തിൽ എപ്പിത്തീലിയ സെല്ലിന്റെ എണ്ണം ക്രമാതീതമായി വളരുമ്പോഴാണ് തിരിച്ചറിയുക അതുകൊണ്ട് ക്യാൻസർ തുടങ്ങിയോ എന്നറിയാൻ ഒരു യൂറിൻ ടെസ്റ്റ് മതിയാവും പഴയകാലത്ത് അത്രേ ഉണ്ടാകാറുള്ളൂ ഇത്രയും സങ്കീർണ ടെസ്റ്റുകളില്ല അപ്പോൾ തന്നെ അതിന്റെ പരിഹാരങ്ങൾ ചെയ്താൽ പലപ്പോഴും അത് നോർമൽ കോശമായി മാറുകയും ചെയ്യും പിന്നീടാണ് അത് കാർസിനോമയായി വികസിക്കുന്നത് നമ്മൾ പറഞ്ഞതാണോ തോന്നുന്നു പിന്നെയാണ് മെറ്റാസ്റ്റാസിസ് ആകുന്നത് വൃത്തം സ്ഥിരം മന്ദരുജം മഹാന്തം അനല്പമൂലം ചിരവൃത്തി അഭാഗമെന്ന് സുശ്രുതൻ സുശ്രുത സംഹിതയിൽ പറയുന്നത് താരതമ്യപ്പെടുത്തി നാം കണ്ടതുമാണ് ശരിയല്ല അപ്പൊ അർബുദ കോശങ്ങളെ നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അർബുദം നമ്മുടെ ശരീരത്തിൽ നിസ്തന്ത്രമായി വർഷങ്ങളോളം ഉണ്ടാവും ഒരു അപകടവും വരുത്താറില്ല ആയത് അങ്ങനെ ഉണ്ടാവുമ്പോൾ എപ്പോഴാണോ അർഭുതത്തെ ശത്രുവായി കാണുന്നത് അവിടെ മുതൽ ആ പ്രശ്നം തുടങ്ങുന്നത് മാനവ ജീവിതം മുഴുവൻ എങ്ങനെയാണ് എലി ഗണപതിയുടെ വാഹനാണെന്നും ഒക്കെ പറഞ്ഞ് അടച്ചുറപ്പില്ലാത്ത മുറിക്കകത്ത് നെല്ലിട്ട് ഒരറ്റത്തുനിന്ന് എലിയും തിന്നു ഒരറ്റത്തുനിന്നുമായി മനുഷ്യനും കുത്തി കഞ്ഞി വെക്കുന്ന കാലത്ത് വരാത്ത എലിപ്പനി എല്ലാമാണ് ഇന്ന് വരുന്നത് ഇന്ന് എലി നിങ്ങളുടെ ശത്രുവാണ് എലികളെ നിർമാർജ്ജനം ചെയ്യാനും എലിപ്പനിക്ക് വേണ്ടിയുള്ള മരുന്ന് കണ്ടുപിടിക്കാനും എലിയെ കൊല്ലാൻ പഞ്ചായത്ത് ലെവലിൽ മുതൽ നടത്തിയിട്ടുള്ള ഒരുക്കങ്ങളുടെ കാശും കൂട്ടിയാൽ എലി തിന്നു തീർത്തുന്ന ജലവിനേക്കാൾ വളരെ കൂടുതലാണ് കാശിന്റെ ലാഭത്തിനാണെന്ന് നമുക്ക് പറയാനാവില്ല കഴിഞ്ഞ അറുപത് കൊല്ലം കൊണ്ട് വൈറസുകളെയും അമീവകളെയും ബാക്ടീരിയയെയും നിർമ്മാർജ്ജനം ചെയ്യാൻ ശാസ്ത്രലോകം ചെലവാക്കിയ ധനം അത്രയും ചെലവാക്കിക്കഴിഞ്ഞ് അവയെ ഒന്നും നിർമാർജനം ചെയ്യാൻ കഴിഞ്ഞില്ലെന്നു മാത്രമല്ല അവയുടെ അമിനോ അമ്ലങ്ങൾ പരിണമിച്ച് അവയേക്കാൾ ശക്തി കൂടിയവ അവയോടൊപ്പം തന്നെ ഉണ്ടായി എന്നു മാത്രമല്ല അവ നിങ്ങളുമായി ഏറ്റുമുട്ടി നിങ്ങൾ കണ്ടെത്തുന്ന എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും ഉല്ലംഘിച്ച് നിങ്ങളെ നേരിടാൻ തയ്യാറായി ശത്രുക്കൾ എന്നുള്ളതാണ് പ്രത്യേകത ഇന്നലെ വരെ നിങ്ങളോടൊപ്പം ബെഡിൽ നിങ്ങളോടൊപ്പം സഞ്ചരിച്ചതും ഇന്നലെ നിങ്ങളുടെ ആഹാരത്തിലെല്ലാം കടന്നുകൂടിയതും ഇന്നലെ വരെ നിങ്ങളുടെ ഉമിനീരിലും ഗുരുദ്വാരത്തിലും ഒക്കെ ഇരുന്ന് നിങ്ങളെ ചൊറിഞ്ഞു ഓർമ്മിപ്പിച്ചതും ആ ഈ കീടങ്ങളും വൈറസുകളും അമീപകളും ബാക്ടീരിയകളും നിങ്ങൾ അവയോട് യുദ്ധം പ്രഖ്യാപിച്ചതോടുകൂടി നിങ്ങളുടെ ബുദ്ധിവൈഭവത്തോടു കൂടിയുള്ള യുദ്ധത്തെ നേരിടുവാൻ മാത്രമല്ല നിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുവാൻ അതിശക്തങ്ങളായ അമിനോ അമ്ലങ്ങളോടുകൂടി രംഗപ്രവേശം ചെയ്യാൻ കഴിയുന്നവയായി ഒരു പൈസയും ചെലവാക്കാതെ അവ വളയുകയും നിങ്ങൾ പണം മുഴുവൻ ചെലവാക്കി നാശത്തിലേക്ക് നീങ്ങുകയും ചെയ്തുവെന്നുള്ളതാണ് ശാസ്ത്രം തന്ന അനൽപസുന്ദരമായ സംഭാവന കുറെ ബുദ്ധിജീവികൾക്ക് തൊഴിൽ നൽകി എന്നത് മറക്കുന്നില്ല കുറെ ആളുകളെ സൂട്ടും കോട്ടുവണിഞ്ഞ് കേമന്മാരാക്കി എന്നതും കുറച്ച് കുറെ ലാബുകൾ രംഗപ്രവേശം ചെയ്തു എന്നുള്ളതും അത്രയധികം ഉപകരണങ്ങൾ ഉണ്ടായി എന്നുള്ളതും ചെറിയൊരു കാര്യമായി കാണുന്നില്ല എന്നിട്ട് ഒരു ഒരു കുരുക്കും വലിയ പ്രയോജനങ്ങളെ ബീഹാറിന്ന് വന്നവരെ പിടിച്ചുകൊണ്ട് എഴുതിയിരിക്കുകയാണ് അയ്യരിന്റെ എഴുതി കൂടേണ്ടത് ഓടിയൻസ് വേണമെന്ന് പറഞ്ഞ് ബീഹാരി ഭാഷ മാത്രം അറിയുന്നവരെ കൊണ്ട് എഴുതിയിരിക്കുകയുണ്ടോ നനങ്ങാതിരുന്നോണ്ടോ പണ്ട് എഫ് സിറ്റിയിലും മറ്റും കഥകളിക്ക് കലാമണ്ഡലം മിഷർ നായരൊക്കെ വരുമ്പോ അവിടുത്തെ ഈ സി ഐ എസ് എഫിന്റെ ആളുകളെ പിടിച്ച് ഓഡിയൻസ് ആയിട്ട് കിട്ടുന്ന പോലെ ഞാൻ പറഞ്ഞത് ഓക്കെ ഭാഗികമായെങ്കിലും ശരിയാണോന്നാണ് എന്റെ സംശയം പൂർണമല്ല ഭാഗികമായെങ്കിലും ശരിയല്ല എന്ന് വിചാരിച്ച് തന്നെയാ പറയുന്നത് ശരിയാണെന്ന് വിചാരിച്ച് പറഞ്ഞാലാണ് നിങ്ങളോട് ഏറ്റുമുട്ടേണ്ടി വരിക ശരിയല്ല എന്ന് വിചാരിച്ച് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് അർബുദ കോശങ്ങളെ പഠനം ശ്രദ്ധേയമാണോ ഒരു കൊല്ലമായി അർബുദം കണ്ടെത്തിയിട്ട് ആറു മാസമായി അർബുദം കണ്ടെത്തിയിട്ട് പത്തു കൊല്ലമായി അർബുദം കണ്ടെത്തിയിട്ട് ഇങ്ങനെ ഏത് നിലയിൽ കണ്ടെത്തിയാലും കണ്ടെത്തിയ നിമിഷം മുതലാണ് രോഗിയും കുടുംബവും ബന്ധുക്കളും നരകയാതന ശരിയാണോ ഏ പിന്നെ വളരെ മിടുക്കനാണ് വിഷക്കുരനെങ്കിൽ നരകയാതന കൂടും കാരണം അയാൾ ജ്യോതിഷിയേക്കാൾ സമർത്ഥനായി വരാൻ പോകുന്നതെല്ലാം പറയും അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ജ്യോതിഷിക്ക് പോലും കബടി വെക്കണം ഇയാൾക്ക് വേണ്ട ഞാനതുകൊണ്ടാ പറഞ്ഞു ജയിച്ച് മാത്രല്ല പറയുന്നത് ഇനി നിന്നിടത്തേക്ക് വ്യാപിക്കും അവിടെ നിന്ന് പോകും അതിന്റെ ചാർട്ടൊക്കെ വരച്ചു കാണിക്കും രോഗിയോട് ഒരു തരത്തിൽ പറയും ബന്ധുക്കളോട് വേറൊരു തരത്തിൽ പറയും അത് കഴിഞ്ഞ് ബന്ധുക്കളെല്ലാം ഇങ്ങനെ മരിച്ച ഒരാളെ നോക്കി നിൽക്കുന്നത് നോക്കി നിൽക്കും തൻ്റെ ജീവിതത്തിൽ തന്നെ മരണത്തിന്റെ രുചി ഈ ഒരു രോഗമല്ലാതെ മറ്റൊന്നിത്രയും സമർത്ഥമായിട്ടില്ല ശരിയല്ല ഏ ഈ വരുന്ന കുറേ വില്ലന്മാരുണ്ട് ഇനി നാളെ ഞാനും പോകേണ്ട വഴിയാണിതെന്ന് പോലും ഓർക്കാതെ ഇതെന്റെ മകൾ ഇതെന്റെ അമ്മ ഇതെന്റെ അച്ഛൻ ഇതെന്റെ ഭാര്യ ഇതെന്റെ അമ്മാവൻ ഇതെന്റെ ബന്ധു എന്ന നിലയിലുള്ള ബന്ധുക്കൾ അതിനപ്പുറത്ത് അയൽവക്ക പരിചയക്ക അനുകമ്പാകുലരാകുന്ന ബന്ധുക്കൾ ഇവരൊക്കെ വന്നിങ്ങനെ നോക്കി നിൽക്കുമ്പോ ഈ വഴിയൊക്കെ തന്നെയാണ് എനിക്കും ഇനിയും സഞ്ചരിക്കാനുള്ളതെന്ന് പോലും ഓർക്കാതെ കാട്ടിക്കൂട്ടുന്ന കോപ്പിരാട്ടികൾ നിങ്ങക്ക് ഭാവന ചെയ്യാനും കഴിവില്ല എന്നാണ് എനിക്ക് തോന്നുന്നു ഏ നിങ്ങളൊക്കെ പോയാൽ അങ്ങനെ തന്നെയാണ് എന്താ ഡോക്ടർ പറഞ്ഞേ കഷ്ടായി കേട്ടോ അങ്ങോട്ട് ഇറങ്ങിട്ട് ഇയാൾ കേക്ക് എന്നാൽ കേക്കാതെ ഇനി എത്ര കാലം ഉണ്ടാകും പോകുന്ന വഴിക്കൊരു മുള്ളു കൊണ്ടാൽ ഇവനും തീരാവുന്നതേയുള്ളൂ ശരിയല്ല അവനാണ് ഒരു അനുകമ്പ ഇവന്റേതൊക്കെ ഒരു നിശ്ചയിച്ചിട്ടില്ല മറ്റത് ഏഴു ദിവസമെങ്കിൽ ഏഴു ദിവസം ഉണ്ട് എന്നോട് ദേഷ്യം വരുന്നു പണ്ടൊരു അമ്മ ഇങ്ങനെ രോഗം വന്ന് കിടരുതാണ് ഇങ്ങനെ അമ്മാവൻ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയിട്ട് ഈ മരുമകളോട് പറഞ്ഞു ക്യാൻസർ അല്ലേ അതെ എല്ലും വ്യാപിച്ചു എന്നാണ് പറഞ്ഞ തലശൂറിൽ തലശോറിൽ വ്യാപിച്ചു എന്നാണ് പറഞ്ഞേ പക്ഷെ എനിക്കിപ്പോഴും അമ്മാവിനെ പറയാം കുഴപ്പമൊന്നുമില്ല ഡോക്ടർ എന്താ പറഞ്ഞേ ഡോട് തന്നെയാ ദിവസം എന്നാണ് അദ്ദേഹത്തിന്റെ സർട്ടിഫിക്കറ്റ് പുള്ളിയായിപ്പം മറ്റടത്തുനിന്നുള്ള റിക്രൂട്ടിംഗ് ഏജന്റ് വളരെ രസകരമായിട്ടാണ് പറയുന്നത് പുള്ളി ഇപ്പൊ ഈയിടെയായിട്ട് അവിടുത്തെ റിക്രൂട്ടിങ് ഏജന്റാണ് അതുകൊണ്ട് ദിവസമൊക്കെ നിശ്ചയിച്ച് പാസ്പോർട്ട് ഒപ്പിട്ട് വരുന്നത് ഇയാളാണ് അതുകൊണ്ട് ഇയാള് പതിനാറ് ദിവസത്തേക്ക് സമയമൊക്കെ അനുവദിച്ച് എല്ലാം ഒപ്പിട്ട് തന്നിട്ടുണ്ട് ഇവിടുന്ന് ഫ്ലൈറ്റ് റെഡി ആകുന്നത് പതിനാറാം ദിവസമാണ് വളരെ കൃത്യമായിട്ട് അങ്ങേരിതുവരെ പറഞ്ഞു തോന്നുന്നുള്ളോന്നും തെറ്റിയിട്ടില്ലെന്നാണ് അവിടുന്ന് നഴ്സും അറ്റൻഡറും ഒക്കെ പറഞ്ഞോണ്ടത് അവരിതുവരെ ഉള്ളതിനെയൊക്കെ കയറ്റി വിട്ടിട്ടുണ്ട് കൃത്യമായി എനിക്ക് അത് ഒരു ഭയം തോന്നി കാരണവച്ചാൽ കൃത്യമായിട്ട് ഈ കയറ്റി കാരണം ഞാൻ എങ്ങാനും പോകാൻ തയ്യാറായില്ലെങ്കിൽ അന്ന് തന്നെ തീരണം ഈ തന്നിരിക്കുന്ന ഗുളിക എന്ന് പറഞ്ഞു അത് കഴിക്കാറില്ല അത് ഇത്ര കൃത്യങ്ങനെയാണ് പറയുക കാരണം ഞാൻ അതിനത് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഇന്ന ടൈമിൽ പൊട്ടുന്ന ബോംബ് ഞാൻ വെച്ചിട്ട് അതിന്റെ റിമോട്ടും എൻ്റെ കയ്യിലിരിക്കുമ്പോ പിന്നെ അത് തെറ്റുകയില്ല എനിക്ക് തന്നെ നിശ്ചയമല്ലേടോ എന്നുള്ള മട്ടിലാണെങ്കിൽ ഞാനിപ്പോ അത് കഴിക്കുന്നില്ല അമ്മയുടെ ഒരടിയാണ് അല്ല എന്നാലും ഡോക്ടർ പറഞ്ഞതല്ലേ അതെ അതുകൊണ്ടാണ് എന്നാലും കഷ്ടാണ് ഇതിപ്പോ എന്താവാ കഷ്ടം ഒരു രസമല്ലേ അല്ല പതിനേഴ് ദിവസം അമ്മാവ എനിക്ക് പതിനേഴ് ദിവസമുണ്ട് അമ്മാവൻ എത്രയുണ്ടെന്ന് അറിയില്ല അമ്മാവന്റെ മുഖമൊക്കെ കരുവടിച്ചു ചിരിയൊക്കെ ആശ്രമിച്ചു സ്വരമൊക്കെ താമു നീ അങ്ങനെയൊന്നും നാക്കു വളയ്ക്കരുതേ ഇത്രയുള്ള മനുഷ്യൻ തിരിച്ചു മുഖത്തു നോക്കി ഇവനോട് പറഞ്ഞാൽ ഇവൻ ചിലപ്പോ പടി കിടക്കുകയല്ല ഹാർട്ട് അറ്റാക്കി തീരും കാർഡിയോ കറസ്റ്റിന് മനസിലായില്ല ഇതൊല്ലും നിങ്ങൾക്ക് മനസ്സിലാവുമോ മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ രോഗികളെ കാണുമ്പോൾ ഏറ്റവും ചോദിക്കുവോ നിങ്ങൾ എത്ര സൗമ്യമായി ഇടപെടും മാനവ ജീവിതം അതിന്റെ സുഖസുന്ദര നിമിഷങ്ങളെ തരുമ്പോൾ മനുഷ്യൻ സ്നേഹിച്ചും വിശ്വസിച്ചും ആനന്ദിച്ചും പരസ്പരം സഹായിച്ചും സഹകരിച്ചും നന്മയാഗ്രഹിച്ചും ഒരു ദിവസം കൂടെ തൻ്റെ വാക്കുകൊണ്ടും മനസ്സുകൊണ്ടും മറ്റൊരാൾ ജീവിക്കണമേ എന്ന് വിചാരിച്ചും പറയുകയും കേൾക്കുകയും ആടുകയും പാടുകയും ചെയ്യേണ്ടുന്ന അവൻ മറ്റൊരു തൻ്റെ മരണത്തെ മുമ്പിൽ കണ്ടു സന്തോഷിക്കുന്നുവെങ്കിൽ എത്ര ഭയാനകമാണ് ഈ ലോകം അതുകൊണ്ട് നിങ്ങൾ തന്നെ ആലോചിക്കാൻ അർബുദത്തെക്കുറിച്ചുള്ള പ്രാചീനൻ്റെ പഠനം ഇവിടെയാണ് ശ്രദ്ധേയമാകുന്നത് അപ്പൊ അർബുദത്ത ശത്രുവായി പോകണം അർബുദത്ത ശത്രുവായും അപകടകാരിയായും അറിയുന്നത് ഒരായിരം ഭയാശങ്കകൾക്ക് കാരണമാണ് മനുഷ്യൻ ആനന്ദത്തോടെ ജീവിക്കണമെങ്കിൽ എനിക്കൊരു ശത്രു ഉണ്ട് എന്ന തോന്നൽ ആധുനിക മനുഷ്യന് ചുറ്റും എല്ലാം അവന്റെ ശത്രുവാണ് തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും ശത്രുവാണ് എന്തോ അച്ഛൻ അപ്പുറത്ത് പോയി പറയുന്നത് കേട്ടേ എനിക്കെതിരാണെന്ന് തോന്നുന്നല്ലോ എട്ടു വയസ്സേ ഉള്ളു പയ്യൻ എന്നൊരു ശത്രുണ്ട് അച്ഛൻ അയാള് വേർത്തിട്ടുകൊണ്ടിരുന്നതാ ഞണ്ടെന്നത് എന്നാലും അയാൾ ശത്രുവാണ് പദം വേറൊന്നും നന്നാകുന്നെനിക്ക് തോന്നാത്തത് അങ്ങനെ അല്ലാതെ വേറൊരു പദം പറ്റുമെന്ന് തോന്നാത്തത് ിശ ബോധം വെച്ച് നോക്കിയാലും ശത്രുവിനെ സൃഷ്ടിക്കല വഴി അച്ഛൻ അമ്മ സഹോദരങ്ങൾ ബന്ധുക്കൾ ഭാര്യ ഭർത്താവ് മക്കൾ ഇതെല്ലാം ഇന്ന് ലോകമായ കാണുന്നത് അവ ശത്രുവായത് കൊണ്ടോ ശത്രുത പ്രതീക്ഷിക്കുന്ന മനസ്സിന്റെ കൽപ്പന കൊണ്ടോ രണ്ടാമതാണ് ലോകം മുഴുവൻ ശത്രുക്കളെ ഉള്ളൂ ഏത് നാട്ടിൽ ചെന്ന് ഒരുത്തനോട് ചോദിച്ചാലും ഈ നാട്ടിൽ നമുക്ക് ശത്രുക്കളെ ഉള്ളൂ ഇനി അകത്ത് കയറിയാ വരെ ചെടിയുണ്ട് ശത്രു ഉണ്ടാകത്തക്ക വിധത്തിലുള്ള കർമ്മങ്ങൾ മാത്രമേ ജന്മജന്മാന്തരങ്ങളായി ഉള്ളൂ എന്നല്ലേ അതിൻ്റെ അർത്ഥം ഞാൻ ഇതുവരെ എന്നോട് ശത്രുതയുണ്ടാകുന്നതല്ലാതെ മിത്രത വരുമാറും ഒരു മനുഷ്യനോടും പെരുമാറിയിട്ടില്ല എന്ന് തന്നെ എൻ്റെ അർത്ഥം എത്ര നീശവും നിന്ദ്യവുമാണ് ആ ജീവിതം എനിക്കൊരാളും ശത്രുവില്ലെന്ന് തിരിച്ചറിയണമെങ്കിൽ എത്ര വലിയൊരറിവ് വേണം അതിനെ വെച്ചുകൊണ്ട് നോക്കുക എന്നല്ലേ നിങ്ങൾ നിരന്തരമായ ശത്രുത സങ്കല്പത്തിൽ വന്ന് മാനവൻ ജീവിക്കുമ്പോൾ ചുറ്റുമുള്ള ജീവികൾ മുഴുവൻ ശത്രുതൾ മനുഷ്യനൊഴിച്ച് എന്തെന്ത് ജീവസഞ്ചയങ്ങൾ ഈ ഭൂമിയിലുണ്ടോ അവയെല്ലാം എൻ്റെ ശത്രുവാണ് മനുഷ്യനും ഞാനൊഴിച്ച് എല്ലാം എൻ്റെ ശത്രുവാണ് ഒരളവ് വരെ നിങ്ങളുടെ മസ്തിഷ്കത്തെയും നിങ്ങളുടെ കോശങ്ങളെയും എല്ലാം ബാധിക്കുന്നത് ഈ ശത്രുത തന്നെയല്ലേ ചോദ്യം മനസ്സിലായില്ല ചോദ്യം പിടികിട്ടിയില്ല ഇങ്ങനെ എല്ലാത്തിനെയും ശത്രുവായി കാണുമ്പോൾ നിങ്ങളിൽ എന്തു പരിണാമമുണ്ടാവും ഒരായിരം ഓട്ടോ ഇമ്മ്യൂൺ തകരാറുകൾ നിങ്ങളുടെ കോശങ്ങളിൽ ഫാഗോസൈറ്റ് നിർണായകമായ പരിണാമങ്ങൾ ഉണ്ടാക്കുകയും അവ അനന്തകോടി സ്രവങ്ങൾക്ക് വിധേയമാവുകയും തത്ബലമായി നിങ്ങളുടെ വ്യാധി ക്ഷമത്വ ബലം രണ്ടു ഒന്ന് വ്യാധി പ്രതിബന്ധകത്വ ബലം അതിന് റെസിസ്റ്റൻസ് പവർ എന്ന് പറയും വ്യാധി ക്ഷമത്വബലം അഡാപ്റ്റേഷൻ പവർ കുറയുകയും ചെയ്യും ഏതെങ്കിലും ഒരു രോഗത്തെ തഹിക്കാനുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഫലമായ ചിന്തയിൽ ശത്രുക്കൾ വന്ന് കയറി തുടങ്ങിയാൽ മൃത്യുവിൻ്റെ ദ്വാരം തുറന്നതായി നിങ്ങൾക്ക് ബോധ്യമാവും അതുകൊണ്ട് ഒന്നിനെയും ശത്രുവാക്കാതെ ജീവിക്കണം ഈ ഭൂമിയിൽ പക്ഷെ മാധ്യമങ്ങൾ നിങ്ങളുടെ മതങ്ങൾ നിങ്ങളുടെ ജാതികൾ നിങ്ങളുടെ സംഘടനകൾ മുമ്പെന്നത്തെക്കാളും ഈ ലോകത്തിൽ കാണുന്നതും കേൾക്കുന്നതും തൊട്ടറിയുന്നതും പഠിക്കുന്നതും എല്ലാം ശത്രുവാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ശത്രുവിനെ തിരിച്ചറിയുവാനുള്ള കഴിവാണ് വിദ്യാഭ്യാസമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുകയും ആ കഴിവുള്ളവരാണ് മഹാന്മാർ തിരിച്ചറിയുകയും ചെയ്യുന്നതായി മാറിയിരിക്കുന്നു ഒരു ജീവിതം മുഴുവൻ ശത്രുവിനോട് അടരാടാനുള്ളതാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു ശരിയില്ല എങ്ങനെ തോന്നുന്നു ഇവിടെയാണ് ഇന്ന് സങ്കീർണതകൾ മുഴുവൻ ജീവിതത്തിന്റെ ഏറ്റവും സങ്കീർണതകള് ഈ രംഗത്താണ് ഇവിടെയാണ് അർബുദ പഠനം പ്രത്യേകം ലോകത്തുള്ള എല്ലാ പദാർത്ഥവും ശത്രുവാണെന്ന് സങ്കല്പിക്കുമ്പോഴാണോ ശത്രുവുമായി ഇടപെടുമ്പോഴാണോ ശത്രുവുമായി ഇടപെട്ട് വിജയിക്കുമ്പോഴാണോ ശത്രുവിനോട് ഇടപെട്ട് പരാജയപ്പെടുമ്പോഴാണോ കീഴ്പ്പെടുന്നത് ഞാൻ കീഴിലല്ലല്ലോ പറഞ്ഞത് ഒരു ശത്രു മുമ്പിലെത്തിയ ആ ശത്രു മുമ്പിൽ എത്തുന്നതിന് ശത്രുവിനെ സങ്കല്പിക്കുമ്പോഴാണോ ശത്രുവുമായി മുഖാമുഖം നിൽക്കുമ്പോഴാണോ ശത്രുവുമായി ഏറ്റുമുട്ടുമ്പോഴാണോ ശത്രുവുമായി ഏറ്റുമുട്ടി വിജയിക്കുമ്പോഴാണോ പരാജയപ്പെടുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ണതകൾ നിങ്ങൾ നേരിടുന്നത് സങ്കല്പിക്കുമ്പോഴാണോ നിങ്ങൾക്ക് എല്ലാ അഭിപ്രായവും അങ്ങനെയാണെങ്കിൽ ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങളെ സങ്കല്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ സംഘർഷം എത്ര